അവൻ അനുമതി നൽകിയവർക്കു മാത്രമേ അവൻറെ അടുക്കൽ ശുപാർശ ഉപകരിക്കുകയുള്ളൂ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഭയം നീങ്ങിയപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് പറഞ്ഞത് അവർ പറഞ്ഞു സത്യം അവൻ ഉന്നതനും മഹാനുമാണ്